ഒരു ജനത തങ്ങളുടെ ഉള്ളിലുള്ളത് മാറ്റുന്നതുവരെ അള്ളാഹു സുബഹാനുഭൂവച്ച ആല അവർക്കു നൽകിയ അനുഗ്രഹത്തെ മാറ്റുകയില്ല എന്നതിനാലാണത് തീർച്ചയായും അള്ളാഹു സുബഹാനുഭൂവച്ച ആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു